അങ്ങനെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും അദ്ദേഹത്തിന് യഹ്യഅലഹിസ്ലാമിന് സമ്മാനമായി നൽകുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹത്തിന് അനുയോജ്യാക്കിക്കൊടുക്കുകയും ചെയ്തു തീർച്ചയായും അവർ സൽക്കർമ്മങ്ങളിൽ മുന്നിട്ടിരുന്നവരും പ്രതീക്ഷയോടും ഭയത്തോടും കൂടി ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും ഞങ്ങളുടെ മുൻപിൽ വിനീതരുമായിരുന്നവരുമാണ്